സബഴനിവാസികൾക്ക് അവരുടെ താമസസ്ഥലത്ത് ഒരു ദൃഷ്ടാന്തമുണ്ടായിരുന്നു വലതുവശത്തും ഇടതുവശത്തുമായി രണ്ട് തോട്ടങ്ങൾ നിങ്ങളുടെ രക്ഷിതാവ് നൽകിയ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും അവനെ നന്ദി കാണിക്കുകയും ചെയ്യുക നല്ലൊരു നാടും പുറത്തുകൊടുക്കുന്ന ഒരു രക്ഷിതാവും അവിടെ ഉണ്ടായിരുന്നു